ിത്രകൾ <small> <small> <small> <small> ജീവൻ മുക്തിപദം പ്രാപ്തോ യഥാ രാമോ ജീവൻ മുക്തന്മാരെ കുറിച്ച് പറയുന്നു ജ്ഞാതേയന്മാരാണ് അറിയേണ്ടത് ജ്ഞാതം അറിഞ്ഞവർ എല്ലാം അറിഞ്ഞവരെന്നല്ല എല്ലാം അറിയേണ്ട ആവശ്യമില്ല അറിയേണ്ടതെന്തോ അതറിഞ്ഞവരാണ് ജ്ഞാതന്മാർ അല്ല എല്ലാം അറിഞ്ഞവരാണ് അങ്ങനെ ഒരു അർത്ഥം അവരാണ് ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത് അറിയേണ്ടതായ ആത്മതത്വത്തെ അറിഞ്ഞവർ മഹാദേഹ രാമനെ പോലെ എന്ന് പറയുന്നു ി രാമൻ എല്ലാം അറിയുന്ന ആളാണ് അതുകൊണ്ട് ഇപ്പോഴല്ല ഇനിയും അറിയും അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ് വാസന രണ്ടു തരത്തിലുണ്ട് ശുദ്ധവാസന അശുദ്ധവാസൻ അശുദ്ധവാസന ജന്മത്തിന് കാരണമാണ് ശുദ്ധവാസന ജീവൻ മുക്തി ജീവൻ മുക്തന്മാരിലാണ് അവരിങ്ങനെ ജനിക്കുന്നില്ല സംസാരചക്രം അവിടെ അവസാനിച്ചു തത്തെഹം ശ്രമവക്ഷ്യാമി ജരാമരണശാന്തയെ ഭരദ്വാജ മഹാബുദ്ധേ രാമക്രമം ഇമം ശുഭം വാത്മീകി പറയുകയാണ് ആരോട് പറയുന്നു ഭരദ്വാജനോട് പറയുന്ന ആളുകൾ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങൾ അതിനിടയ്ക്കാണ് പലരും കടന്നുകൊണ്ടത് അപ്പോ രാമൻ എങ്ങനെ രാമക്രമമിമം ശുഭം രാമക്രമം രാമൻ എങ്ങനെയാണ് ചെറിയ പയ്യനായിരുന്ന രാമൻ വളർന്ന് വലുതായി ഒടുവിൽ ജീവൻ മുക്തി പദത്തിൽ എത്തിച്ചേരുന്നതാണ് ഇത് അങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം നീ കേൾക്ക് അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് ജീവൻ മുക്തി പദത്തെ ഇത് മൂന്നാം സർഗം തുടർന്ന് പറയുന്നത് വിദ്യാഗ്രഹാദ്ർമ്മ്യൂര അജീവലോചന രാമൻ വിദ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് എന്താണോ ലീലാഗ്രഹത്തിലെയും പ്രവേശിച്ചുകൊണ്ട് പിന്നെ കളിയും വിനോദങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വഴിയുകയാണ് അങ്ങനെ കഴിയുമ്പോൾ രാമനൊരാഗ്രഹം തീർത്ഥ പുണ്ശ്രമശ്രേണീദ്രഷു ഉത്ഖണ്ഡിതം മനഃ രാമസി അഭൂദ്ഭൃശം തത്ര കിത് ഗുണശാലിത ഇരുപത് തീർത്ഥങ്ങൾ പുണ്യാശ്രമങ്ങൾ പുണ്യാസിംഹ ശ്രേണി ഇതെല്ലാം കാണുന്നതിൽ രാമൻ ഒരു ആഗ്രഹമുണ്ടായി ഇത് പഴയ രാമായണത്തിൽ ഉള്ളതല്ല ഈ സംഭവം പുണശാലിയായ രാമൻ അങ്ങനെ ഒരു ആഗ്രഹം നേരെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഇരുപത്തിരണ്ടില് തീർത്ഥാനി ദേവസത്മാനി വനാനി ആയതനാനിച്ച ദ്രഷ്ടം ഉത്കണ്ഡിതം താത മമേതം നാഥമാനസം അച്ഛനോട് പറയുന്നത് തീർത്ഥസ്ഥലങ്ങൾ ദേവസത്മങ്ങൾ എന്ന് പറഞ്ഞെന്താണ് ക്ഷേത്രങ്ങൾ സ്വത്മം വീട് വന പനി ആയതനാനി വനാനി വിസ്തൃതമായ വനങ്ങൾ ഇതെല്ലാം കാണുന്നതിനണ്ട് മനസ്സിന് വളരെ താല്പര്യമുണ്ട് അതിന് അനുവാദം തരണം എന്നാണ് രാമന് ക്ഷേത്രങ്ങൾ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ജീവ് പറയുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഇന്നത്തെ രൂപത്തിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല വളരെ പുരാതന കാലത്തും നിർമ്മിതികളുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ക്ഷേത്രങ്ങളൊന്നും ഇന്നത്തെ ക്ഷേത്രങ്ങളോ ഇന്നത്തെ വിഗ്രഹങ്ങളോ ഒന്നും അതെല്ലാം ഇതൊക്കെ ഉണ്ടാകുന്നത് ഗുപ്തകാലത്തിന് ആണെന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളുണ്ടാവും പിന്നെ ചാലുക്യന്മാരുടെ കാലഘട്ടത്തിൽ അതൊക്കെ വിപുലപ്പെടുത്തി തമിഴ്നാട്ടിലൊക്കെ ഏഴാം നൂറ്റാണ്ട് പല്ലവന്മാരുടെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുണ്ടായി അപ്പോൾ അതൊന്നും അധികം കാലമായിട്ടില്ല അതിനുശേഷമാണ് എഴുതിയെന്നും വ്യക്തം വളരെ മുമ്പാണെങ്കിൽ അങ്ങനെ പ്രസിദ്ധങ്ങളായ കാണത്തക്ക ക്ഷേത്രങ്ങളൊന്നും ഉണ്ട് തിബത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ ഈ കാട്ടിലും മഴിയരിയിലുമൊക്കെ കല്ലുകളിങ്ങനെ ഉരുളം കല്ലുകൾ കൂട്ടിവെക്കും പിരമിഡ് പോലെ അവിടെ ഇവിടെ കൂട്ടിവെച്ചിരിക്കും അതിൽ ചിലപ്പോൾ ഒരു കൊടി കാണും കൊടി തോരണങ്ങൾ കാണും ജനങ്ങളുടെ പ്രാർത്ഥനയൊക്കെ അതിൻ്റെ മുമ്പ് ചെന്ന് വന്നിട്ടാണ് അതാണ് അവരുടെ ക്ഷേത്രം ഇപ്പൊ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ പണ്ടുകൊണ്ടായിരുന്നിരിക്കും ദേവസത്മം എന്ന് പറഞ്ഞാൽ അതിനെയും പറയാം അവരും ഒരു ദേവതയുണ്ടെന്ന് വിശ്വസിച്ചു ഇതൊക്കെ ചെയ്യും ധുനിക ക്ഷേത്രങ്ങൾക്ക് അത്രയും കാലപ്പുഴക്കൊന്നുമില്ല അപ്പൊ അതിനുശേഷമാണ് ഇത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഇപ്പൊ രാമൻ ഇത് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ വസിഷ്ഠൻ ദശരഥൻ നേരെ വസിഷ്ഠനെ വിളിക്കും കാരണം അന്നത്തെ കാലത്ത് പുരോഹിതൻ ബ്രാഹ്മണ പുരോഹിതനോട് ആരോപിക്കാതെ രാജാവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല അതാണ് നിയമം ചെറിയ കാലമാണ് കാര്യങ്ങൾ ആണെങ്കിൽ ശരി വസിഷ്ഠനോട് ചോദിക്കണം കൺട്രോളെല്ലാം വസിഷ്ഠൻ്റെ കയ്യിലാണ് പുരോഹിതൻ്റെ കയ്യിലാണ് പയ്യനിങ്ങനെ ഒരാവശ്യം പറഞ്ഞ് എന്താ ചെയ്യേണ്ടത് ചോദിക്കും അപ്പോ വസിഷ്ഠൻ പെർമിഷൻ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വിടാം അങ്ങനെ ജോഴ്സിനെ വിളിച്ചു ഇതെല്ലാം നോക്കി സമയവും കാലവുമെല്ലാം നോക്കി രാമനെ യാത്രയാക്കി വളരെ ചടങ്ങുകളോടുകൂടി രാജ പുത്രന്മാരെ കൂട്ടത്തിൽ ബ്രാഹ്മണർ കൂട്ടത്തിൽ പുരോഹിതന്മാർ അങ്ങനെ വലിയ ആർഭാടത്തോടുകൂടിയാണ് യാത്രയാക്കുന്നത് അമ്മമാരുടെ ആഗ്രഹമൊക്കെ വാങ്ങി രാമന് നേരെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു ആ യാത്രയിൽ നിരവധി പർവ്വതങ്ങൾ നദികൾ ആശ്രമങ്ങൾ അതിൻ്റെയൊക്കെ പേരൂടെ പറയുന്നു കേദാരം പുഷ്കരം മാനസം ദക്ഷിണേന്ത്യയിലെ കാര്യമൊന്നും പറയുന്നു അവിടെ ആ ഭാഗത്തൊക്കെയാണ് ഇറങ്ങേണ്ടത് സ്ഥാനാനുജ ചതുഷ്ഷ്ടി ഹരേരധാരസ്യ മുപ്പത്തിയെട്ട് ഹരിയുടെയും ഹരന്റെയും ചതുഷ്ടി ചതുഷ്ടി എന്ന് വെച്ചാൽ എത്രയാണ് ചതുഷ്ടി അറുപത്തിനാല് സ്ഥലങ്ങൾ അറുപത്തിനാല് ക്ഷേത്രങ്ങൾ ദർശിച്ച ഒന്നാണ് ഹരിയുടെ അറുപത്തിനാല് ഖരൻ്റെ അന്ന് ഇത്രയും ക്ഷേത്രങ്ങൾ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നു പിന്നെ കാർത്തികേയം ശാലഗ്രാം ഹരി കാർത്തികേയൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അങ്ങ് അന്നുണ്ടായിരുന്നു അവിടേക്ക് പോയി എല്ലാം സന്ദർശിച്ചു വളരെ സന്തോഷത്തോടുകൂടി സഹോദരന്മാരോടൊപ്പം ഇവിടെയെല്ലാം കറങ്ങി കണ്ട് തിരിച്ചു വന്നു എന്നാണ് മൂന്നാം സ്വർഗത്തിൽ പറയുന്നത് നാലാം സ്വർഗത്തിൽ പറയുന്നത് തിരിച്ചു വന്ന് വളരെ ആഘോഷമായിരുന്നു എങ്ങനെയാണോ യാത്ര അയച്ചത് നഗരവാസികളെല്ലാം അതുപോലെ തന്നെ വളരെ ആഘോഷത്തോടുകൂടി സ്വീകരിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷവും എന്താ ചെയ്തത് രാവിലെ പിതാവിൻ്റെ അടുത്ത് പോയി കണ്ട കാര്യങ്ങളെല്ലാം വർണ്ണിക്കും വിശേഷങ്ങളെല്ലാം പറയും അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി അപ്പോൾ വളരെ സന്തോഷമായിരുന്നു അപ്പോൾ തിരിച്ച് മടങ്ങി വന്ന കാര്യങ്ങളാണ് നാലാം സ്വർഗത്തിൽ പറയുന്നത് അഞ്ചാം സർഗത്തിൽ പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അധ ഊനഷോടശേ വർഷേ അഞ്ചാമത്തെ ഒന്ന് വർത്തമാനേ രഘുദ്വഹേ രാമ അനുയായി തഥ ശത്രുഘ്നെ ലക്ഷ്മണേ പി ഭരതേ സംസ്തദേ നിത്യം മാതാമഹ ഗൃഹേ സുഖം പാലേത്യമനും രാജ്ഞി യഥാവ വർഷം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുക്കാല് വയസ്സായി പതിനാറായില്ല അതാണ് അന്നത്തെ കാലത്ത് യുവാക്കളുടെ വിവാഹപ്രായം ഇപ്പൊ ദശരഥൻ എന്ത് ചെയ്തു രാമന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചന നടത്തി ആരുമായിട്ട് മന്ത്രിമാരുമായിട്ട് ഇവിടെ പറയാത്ത ഒരു കാര്യം പറയാണ് ഈ സമയത്ത് ഭരതൻ അമ്മയുടെ വീട്ടിലാർ ഇവിടെ രണ്ടുപേരെയും ശത്രുഘ്നും ലക്ഷ്മണൻ ഇപ്പൊ ഇങ്ങനെ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയം പെട്ടെന്ന് രാമനൊരു മാറ്റം കൃത്തായാം തീർത്ഥയാത്രായാം നാല് രാമോ നിജഗ്രഹേ സ്ഥിത ജഗാമ അനുദിനം കാർശ്യം ശരദീവ അമലം സരഹ ഇപ്പോ തീർത്ഥയാത്ര കഴിഞ്ഞു വന്നപ്പോ നിജഗ്രഹേ രാമ സ്വന്തം വീട്ടിൽ കഴിയുകയാണ് പക്ഷേ അനുദിനം കാർശ്യം ജഗാമാണ് ഓരോ രാമൻ ക്ഷീണിച്ചു വരാൻ ശരദ്വ അമന സര ശുദ്ധമായ തടാകം ശരത്കാലത്തിൽ എങ്ങനെയാണോ മഴ കഴിഞ്ഞ് മഴ കുറഞ്ഞു വരുന്നു വേനൽക്കാലത്ത് അത് ശോഷിക്കുന്നത് അതേ ഒരവസ്ഥ ആയി പിന്നെ അങ്ങോട്ട് വർണ്ണിക്കുന്നത് എല്ലാം അതിനെക്കുറിച്ചാണ് കപോല തല സല്ലീന പാണി പത്മാസനസ്ഥിത ചിന്താപരവശതൂഷണീവ്യാപാരോ ബഭുവ ആറിൽ കപോലതല സല്ലീന പാണി താടിക്ക് കൈയും കൊടുത്ത് പത്മാസന സ്ഥിത ചമ്രം പടിഞ്ഞിരുന്ന് ചിന്താപരവശ ചിന്താപരവശനായി തൂഷ്ണീം ഒന്നും ഉണ്ടാതെ അം വ്യാപാരം ഒന്നും ചെയ്യാതെ ഉള്ള ഒരു സ്ഥിതിയായി തീർന്നുമ്പോ ഭൂവഹ ബാക്കിയെല്ലാം ഇതിനെ തന്നെ അങ്ങോട്ട് പോകാൻ പറയുകയാണ് രാമൻ നിശബ്ദനായി വിഷാദഗ്രസ്തനായി എന്ന് പറയാം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ പറയും നമ്മൾ സാറിന പറയുന്നത് വിഷാദമായിട്ടല്ല ഇവിടെ പറയുന്നത് തീർത്ഥയാത്ര എന്ന് പറയുന്നത് അന്ധകരണ ശുദ്ധി ഉണ്ടാക്കും ഇപ്പൊ രാമന് തീർത്ഥയാത്ര കഴിഞ്ഞു ഒരുപാട് ആശ്രമങ്ങളിൽ പോയി മഹർഷിമാരെ കണ്ട് സ്വാമിമാരെയൊക്കെ കണ്ടു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ രാമനിൽ വൈരാഗ്യമുണ്ടായി ഈ പറയുന്നതൊക്കെ വൈരാഗ്യത്തിൻ്റെ അടയാളങ്ങൾ എന്തിനോട് ജഗത്തിനോട് വൈരാഗ്യം ജീവിതത്തോട് എന്നെ വിരക്തിയുണ്ടായി ആധ്യാത്മികമായ ചിന്തയുണ്ടായി അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു വിഷാദത്തെയാണ് പറയുന്നത് നമ്പര് ഞാൻ പറയുന്നു പറഞ്ഞ പറയുന്നത് ശ്ലോകം വായിച്ചാൽ നമ്പരും പറയും അഞ്ചാം സർഗത്തിലാണ് പിന്നെ അതങ്ങോട്ട് വർണ്ണിക്കുകയാണ് ഒരുപാട് ഇതേ കാര്യം തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ പല പലരീ ഇങ്ങനെ അപ്പോ ദശരഥനും കാര്യം മനസ്സിലായി അപ്പൊ ദശരഥന് ഒരു ദിവസം അതിനോട് ചോദിക്കുകയാണ് പതിനൊന്ന് കാതെ പുത്ര ഘനാചിന്ത ഇത്യവം രാമം പുനഃപ്പുന അഭൃച്ഛത് സ്നിഗ്ധയ വാച അകഥയത് അസ്യ സഹ കാത്രഘനാചിന്ത എന്താണ് നിനക്ക് ഇത്തരം ചിന്ത ആഴത്തിലുള്ള ചിന്ത എന്താ കാരണം അഭൃച്ഛത് സിഗ്ധയാ വാച വളരെ മധുരമായി ശാന്തമായി ദശരഥം ചോദിച്ചു പക്ഷേ ു സഹ ദശ രാമൻ ഒന്നും തന്നെ പറഞ്ഞു മിണ്ടാട്ടമില്ല എന്നർത്ഥം വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചിട്ട് എന്താണോ രാമനൊന്നും മിണ്ടുന്നില്ല അത് പതിനഞ്ച് പറയുന്നു കോപം വിഷാദകലനം ഇതതം ചർഷം നാത്തേന കാരണവശേന വഹന്തി സന്തഹ സർഗേണ സംഹൃതി ജവേന വിനാജത്യാം ഭൂതാനി ഭൂപന മഹാന്തി വികാരവന്തി ഒരു പൊതുവായ തത്വവും പറയണം ആരാ പറയുന്നത് ആരായിരിക്കും ഇത് ഇങ്ങനെ ഒരു തത്വവും പറയുന്നത് വെറുതെ വാൽമീകയെ സംശയിക്കരുത് ഇങ്ങനെ ഒരു തത്വം പറയുന്നെങ്കിൽ അത് ആരായിരിക്കും അതൊരു വലിയ തത്വമാണ് പറയുന്നത് തത്വം എന്താണ് കോപം കോപിക്കുക വിഷാദഘലനാം വിഷാദാവസ്ഥ വിദതഞ്ചർഷം വലിയ സന്തോഷം കാരണവശേന വഹന്തി സന്തഹ സത്തുക്കൾ നിസാര കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളെ പ്രാപിക്കത്തില്ല എന്നാണ് അൽപ്പേന കാരണവശേന അൽപ്പകാരണം കൊണ്ട് സന്തഹനവഹന്തി വൈകുന്നില്ല എന്ന് വെച്ചാൽ ഈ എന്താണ് പോവിക്കുക പെട്ടെന്ന് പിന്നെ വിഷാദത്തെ പ്രാപിക്കുക ഇത് പെരാമിനു പറ്റിയത് അല്ലെങ്കിൽ വലിയ ഹർഷ ഉന്മാദങ്ങളെ പ്രകടിപ്പിക്കുക ഇതൊന്നും സത്തുക്കളുടെ പരിപാടിയല്ല നിസാര കാരണങ്ങളെ കൊണ്ട് അതൊന്നും പറ്റില്ല ചിലപ്പോ തക്കതായ കാരണം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകാം എന്നുകൊണ്ട് അതിനൊരു ഉദാഹരണം പറയുന്നു സർഗേണ സംഹൃതി ജവേന ഭൂതാനി ഭൂപ മഹാന്തി വികാരവന്തി ഭൂപാലയുരാജാവേ സംഹൃതി ജവേന സർഗേണ സൃഷ്ടി ആരംഭിക്കുന്നു സൃഷ്ടി ആരംഭിക്കുമ്പോൾ എന്ന് വരുന്നു മഹാനി മഹാന്തിഭൂതാനി മഹാഭൂതങ്ങൾ പഞ്ചമഹാഭൂതങ്ങൾ വികാരവന്തി സർഗേണ സംഹൃതി ജവേന രണ്ട് അവസ്ഥകളിലാണ് മഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങൾ അവയിൽ എന്തെങ്കിലും വികാര സംഭവിക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കണം ഒന്നെന്താണ് സൃഷ്ടി സൃഷ്ടിയിൽ പഞ്ചമഹാഭൂതങ്ങൾക്ക് വികാര സംഭവിച്ച ഇതിങ്ങനായി തീരുന്നു ഇതിങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇനിയൊരു കാര്യമായ മാറ്റം എപ്പോഴാണ് വരുന്നത് പ്രളയത്തിൽ അപ്പോൾ ഇതെല്ലാം ലയിക്കും എന്ന് വെച്ചാൽ സൃഷ്ടി തുടങ്ങി അതൊരു കൽപ്പത്തിൻ്റെ ആദ്യമാണ് കൽപ്പാന്തമാണ് പ്രളയം അതുവരെ ഇതിനിടയ്ക്ക് ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് കാര്യമായ ഒരു വികാരവും വരട്ടു വന്നാൽ പിന്നെ കൽപ്പമില്ല ദീർഘകാലം ഇതെന്ത് ചെയ്യുന്നു മഹാഭൂതങ്ങൾ വലിയ വികാരങ്ങളെ പ്രകടിപ്പിക്കാതെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണോ ഒരു കൽപ്പകാലം നൽകുന്നത് സൃഷ്ടി മുതൽ പ്രണയം ഒരു ഉദാഹരണം പറഞ്ഞാണ് മഹാന്തി ഭൂതാനി മഹാഭൂതങ്ങളെ പോലെയാണ് മഹാത്മാക്കൾ അവർ ശരിയായ കാരണം നിസ്സാരമായ കാരണങ്ങളെ ഈ പറയുന്ന ചിത്താവസ്ഥകളെയൊന്നും പ്രാപിക്കത്തില്ല ഇത്തരം ചിത്ത വിക്ഷോഭങ്ങളൊന്നും അവർക്കുണ്ടാകത്തില്ല എന്ന് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടതിന് ശേഷം വസിഷ്ഠൻ രാജാവിനോട് പറയുന്നു ഇങ്ങനെ രാമന് വിഷാദം ഒക്കെ രാമൻ നിസാരക്കാരനല്ല തക്കതായ എന്തോ ഒരു കാരണം കാണും അത് നമുക്ക് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നു എന്നാർ പറയുന്നു എന്നാരാ പറയ അതാണ് ഞാൻ ചോദിച്ചത് ആര് നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് ചോദിച്ചത് സിസ്റ്റൻ ഞാനിത് പറയുന്ന കാര്യം നിങ്ങൾ മറക്കുക എന്ന് വാക്ക് തരാമെങ്കിൽ പറയാം മറന്നുപോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇവരിക്കാൻ പറയും എപ്പോഴും ഏത് സമയം ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതായത് ഈ പറയുന്നതൊക്കെ ഈ പുസ്തകം എഴുതിയ ആളാണ് മനസ്സിലായ ഇതൊക്കെ പറയുന്ന ആരാണ് പുസ്തകം എഴുതിയ ആളും ബാക്കിയൊക്കെ പറഞ്ഞു കഥാപാത്രങ്ങളാണ് അതറിയുന്നത് പഴയ രാമായണം വായിച്ചങ്ങളും അണ്ടന്മാരാകുന്നെങ്കിൽ അത് ഈ കഥയാണ് ഇതങ്ങനെ ഇത് വലിയ തത്വങ്ങൾ പറയുകയാണ് ഇവിടെ നിങ്ങൾ മണ്ടന്മാരാകാൻ പാടില്ല ഇവിടെ ഒരു ലേശം മൂളത്തലയ്ക്കകത്ത് സൂക്ഷിച്ചു വേണം ഇതൊക്കെ വായിക്കുന്നത് ഇതൊക്കെ പറയുന്നത് ഗ്രന്ഥകർത്താവാണ് ഈ ഗ്രന്ഥകർത്താവ് എങ്ങനെ പറയുന്നു ഒരുപാട് കഥാപാത്രങ്ങളെ മുമ്പിൽ നിർത്തി അവരിലൂടെ ഈ തത്വങ്ങളെ അവതരിപ്പിക്കുകയാണ് അതാരെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആർക്കും അറിയത്തില്ല ഏതോ ഒരു മഹാവിദ്വാൻ പണ്ഡിതൻ തത്വജ്ഞാനി ആണ് ഇതൊക്കെ എഴുതുന്നതും പറയുന്നുമല്ല അങ്ങനെ തന്നെ ഇതിനെ മനസ്സിലാകും വശിഷ്ഠം പറഞ്ഞു വാൽമീകി പറഞ്ഞു അതൊക്കെ വെറും കേവലം കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കവിയുടെ സൃഷ്ടിയാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് േത്രങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഇതൊക്കെ എഴുതിയത് ചെറിയ ഒരു ലേശം ബുദ്ധിയും വേണം വേണം ചരിത്ര ബോധം വേണം ഇതൊക്കെ നമുക്ക് നേരെ മനസ്സിലാക്കാൻ ഇത് മറക്കരുത് പറയുന്നതൊക്കെ ഈ പൊസു എഴുതിയ ആളാണ് പറയുന്നതല്ല വേറെ ഇവിടെ കഥാപാത്രങ്ങൾ കൊണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും ഇത് മനസ്സിലാക്കിയിരുന്ന ബുദ്ധിക്ക് കുറച്ചുകൂടെ വെളിച്ചം വരും അടുത്ത ആറാമത്തെ സർഗത്തിൽ ഇങ്ങനെ ഒരു തത്വവും പറയണം അതുകൊണ്ട് മഹാത്മാക്കളിൽ അങ്ങനെ വലിയ വികാര വിക്ഷോഭങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല ഉണ്ടാകത്തില്ല തക്കതായ കാരണം ഉണ്ടെങ്കിൽ ഉണ്ടാവും അതാണ് പറഞ്ഞത് സൃഷ്ടിക്ക് വേണ്ടി ഈ മഹാഭൂതങ്ങൾ പ്രളയത്തിന് വേണ്ടി വീണ്ടും വികാരം ഉണ്ടാവും പക്ഷെ അത് കൽപ്പാദിയിലും കൽപ്പ അന്തത്തിലുമാണ് എന്നാണ് അടുത്ത് ആറാമത്തെ സ്വർഗത്തിൽ പറയുന്നു വൽമീകി പറയുകയാണ് ഇങ്ങനെ രാമന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കൊട്ടാരമാകെ കൺഫ്യൂഷനായി എല്ലാവർക്കും പ്രശ്നമായി ഇതെന്താ സംഭവിക്കുന്നത് പയ്യൻ മുറിക്കാത്ത ഒരു കഥ അടച്ചിരിക്കുന്നു വീട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കടന്നു വരുന്ന സ്ഥിതാസു ഏതസ്മിന്നേവകാലേതു വിശ്വാമിത്ര ഇതിശ്രുത മഹർഷ് അഭ്യാഗത അഭ്യകാ ദ്രഷ്ടം അയോധ്യ നരാധിപം ആറില് മൂന്ന് പുതിയ ഒരു കഥാപാത്ര രംഗപ്രവേശം ചെയ്യുകയാണ് വിശ്വാമിത്രൻ വിശ്വാമിത്രൻ വരുന്നത് പഴയ രാമായണത്തിലുമാണ് പക്ഷേ രാമന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇവിടെ രാമനാകെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് വിശ്വാമിത്രൻ കടന്നു വരുന്നത് എന്നിട്ട് എന്തിനു വരുന്നു പറയുന്നു താൻ യാഗം നടത്തുന്നു അതൊക്കെ രാമായണത്തിലുള്ളതുപോലെ തന്നെ രാക്ഷസന്മാർന്ന് ശല്യം ചെയ്യുന്നു അപ്പോൾ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷ തേടിയാണ് അയോധ്യയിലേക്ക് വരുന്നത് അപ്പോൾ വിശ്വാമിത്രം വന്നു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്നു വിവരം ദശരഥൻ അറിഞ്ഞു ഉടനെ പോയി സ്വീകരിച്ചു വന്നു കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി പൂജ എല്ലാം ചെയ്തു എന്താണ് ആഗമന താല്പര്യം എന്ന് ദശരഥം ചോദിക്കുന്നു അതാണ് തുറന്നൂരെന്ന ഭാഗം അപ്പൊ വിശദമായ വിവരങ്ങളെല്ലാം ചോദിക്കുന്നു ഇതിനെ ദശര തന്നെ ഒരു അബദ്ധം കൂടെ പറയും എന്താണ് അമ്പത്തിരണ്ടിൽ അതുവരെ കുച്ചിലെ പ്രശ്നങ്ങളൊക്കെയാണ് യത് കാര്യം വേന വാർത്തേന പ്രാപ്ത സിമനി പൊങ്കവ കൃതമിത്തീവ തദ്വിധി മാന്യ സീതി സദാമ എന്ത് കാര്യത്തിനൂടെ വന്നു എന്താണ് അങ്ങയുടെ ലക്ഷ്യം അത് സാധിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പ്രാപ്തോ സിമലി വന്ന കാര്യം സാധിച്ചു കഴിഞ്ഞു എന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്തിനും റെഡിയാണ് കൃതമിത്യേവ തദ്വിദ്ധി അതൊക്കെ നടന്നതായിട്ട് എന്നെ വിചാരിക്കുക പിന്നെ ഒന്ന് ചോദിച്ചെക്കുക മഞ്ഞു അസീതി സദാ അമ അങ്ങ് മാന്യനാണ് പൂജനീയനാണ് അങ്ങയുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ സാധിച്ചു തരേണ്ടതാണ് സ്വകാര്യ വിമർശ ത്വം കറത്തും അർഹസി കോശിക എന്താണ് വേണ്ട ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല വിമർശം തൊം കറുത്തും അർഹസി ഞാൻ രാജാവിനോട് ചോദിക്കണോ ചോദിക്കേണ്ടേ എന്നൊന്നും വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഭഗവൻ അതേയമ്മേ പ്രതിപദ്തേ യത് പ്രതിബദ്ധ്യ അങ് എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നസ്ത്യധേയം അങ്ങേക്ക് നൽകാൻ കഴിയാത്തതായോ ഒന്നും തന്നെ എന്ന എന്ത് ചോദിച്ചാലും തരാം എന്നാണ് നാസ്ത്യധേയം എന്ന് എന്ത് ചോദിച്ചാലും തരും എന്നാണ് ഇത് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ഹൃഷ്ടരോ ആ മഹാദേജ ഏഴാമത്തെ സർഗത്തിൽ പറയണം വിശ്വാമിത്രന്റെ രോമങ്ങളൊക്കെ എണീറ്റു നിന്നു വന്ന കാര്യം സാധിച്ചു ഇയാളെല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അപ്പൊ വിശ്വാമിത്ര പറഞ്ഞു എന്താണോ രാഷ്ട്രമാരും വരുന്നു എന്റെ യാഗം നടത്താൻ സമ്മതിക്കുന്നില്ല അവിടെ ശല്യം ചെയ്യുന്നു വിദഗ്ധ രാമായണത്തിലും പറയുന്നു പിന്നെ ഞാൻ വലിയ തപസ്സിയാണ് ഈ രാക്ഷസന്മാരെയൊക്കെ നശിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു യജ്ഞ ദീക്ഷ സ്വീകരിച്ചിരിക്കുകയാണ് അതായത് ഈ ദീക്ഷാകാലത്ത് കോപിക്കാൻ പാടില്ല ശപിച്ച് ഭസ്മമാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് രാജാവിൻ്റെ അടുത്ത അതുകൊണ്ടൊരു കാര്യം ചെയ്യണം എന്നെ സഹായിക്കണം അതെന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ ആ മക്കളിൽ ഏറ്റവും മുത്തപുത്തനുണ്ടല്ലോ രാമൻ അവനെ എന്നോട് പോയക്കുക അവൻ വിചാരിച്ചാൽ ഇവരെ എല്ലാം നശിപ്പിക്കാം ഇതാണ് പിന്നെ പറയുന്ന മുഴുവൻ അവൻ വന്നു കഴിഞ്ഞാൽ കാര്യമെല്ലാം പരിഹരിക്കും എന്ന് പറഞ്ഞു എട്ടാമത്തെ സർഗം അവിടെ ഇത് കേട്ടിട്ട് എന്താണ് തദ്ശ്രുത്വ രാജശാളോ വിശ്വാമിത്ര ഭാഷിതം മുഹൂർത്തമാസി നിത്യേഷ്ഠ സദൈന്യം ഇതമപ്ര മുഹൂർത്തമാസി നിത്യേഷ്ഠ ഒന്ന ഒന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു സ്തബ്ധനായിപ്പോയി നിചേഷ്ഠനായിപ്പോയി ദശരഥ ദശരഥന് നാക്ക് പൊങ്ങുന്നില്ല വളരെ വേദനയോടുകൂടി പറഞ്ഞു ഊന ഷോഡശ വർഷോയം രണ്ട് രാമോ രാജീവലോചന യുദ്ധയോഗ്യത മസ്യ പശ്യാമി സഹ രാക്ഷസൈ രാക്ഷസൈ സഹ രാക്ഷസന്മാരോടൊപ്പമുള്ള യുദ്ധയോഗ്യത അതിനുള്ള ശേഷിയൊന്നും ഈ രാമനല്ല കൊച്ചുപയനാണ് പതിനാറ് വയസ്സ് പോലും തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ദേവി ഇത് അവനെ വിടുക പിന്നെ പറയുന്നു ഇവിടെ അക്ഷോഹി സൈന്യമുണ്ട് ഞാനുണ്ട് ഞാൻ വരാം രാക്ഷസന്മാരെ എല്ലാം ശരിയാക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ അവസാനം പറയുന്ന എന്താണോ മുപ്പതാമത് പറയുകയാണ് അതുവരെ പറയുന്ന എന്താണ് ഞാൻ വരാം യുദ്ധം ചെയ്യാം ദൈവീത് രാമന്റെ കാര്യം മാത്രം പറയൂ മുപ്പതി പറയുന്നുണ്ട് പറയുന്നു അത്യ അസ്മിൻ തൂ വയം കാലേ ഇരുപത്തിയേഴ് സാക്ഷാ വൈശ്രവണഭാത പുത്രോ വിശുവസു മുനി സചൈതവമഖേ വിഘ്നം കോതി കില ദുർമ്മതി തരാ ശക്ത വയന്ത ദുരാത്മന ശ്രൂയദേഹി ഇരുപത്തേഴ് ശ്രൂയദേഹി മഹാവീര്യ രാവണോ നാമ രാക്ഷത സാക്ഷാത് വൈശ്രവാ വൈശ്രവണഭ്രാത പുത്രോ വിശ്രുവസോ മുനേഹേ സചേ തപ മഖേ വിഘ്നം കരോതികില ദുർമതി തത്സംഗ്രാമേണ ശക്താസ്മ വയം തസ് ദുരാത്മന ആദ്യം പറഞ്ഞ എന്താണ് ഞാനുണ്ട് അക്ഷോഹിണി സേനയുണ്ട് വരാം രാക്ഷസന്മാരെയൊക്കെ തവിട് പൊടിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അവസാനം പറയണം ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട് എന്താണ് മഹാവീര്യനായ രാവണൻ എന്ന് പറയുന്ന ഒരു രാഷസനുണ്ട് അവനാരാണ് സാക്ഷാത് വൈശ്രമണ ഭ്രാത വൈശ്രവണന്റെ സഹോദരനാണോ വിശ്രവസുന്റെ പുത്രനാണോ ഇനി അവനാണ് എന്താണ് സചേത്തവ മഖേയ വിഘ്നം കരുതി നിന്റെ യാഗത്തിൽ വന്ന് വിഘ്നം ഉണ്ടാക്കുന്ന അവനാണെങ്കിൽ ദൈവ ചെയ്ത് എന്നെ അവിടെ പ്രതീക്ഷിക്കരുത് എന്നെ എന്നെ കൊണ്ട് സാധിക്കത്തില്ല തുറന്നു പറയുകയാണ് അതുകൂടെ പറഞ്ഞല്ല ശരിയാക്കാവുന്നതാണ് ചോദിക്കാതെ എന്നെ പറയുകയാണ് തസ്സംഗ്രാമേന ശക്താസ്മഹ വയം തസ്യ ദുരാത്മനഹ ആ യുദ്ധത്തിൽ നയം ശക്താസ്മ ഞങ്ങൾക്ക് ശേഷിയില്ല അവനോട് ഏറ്റുമുട്ടാൻ അങ്ങനെ രാവണനൂടെ രംഗപ്രവേശം ചെയ്യുകയാണ് രാവണനോടാണെങ്കിൽ കാര്യം നടക്കത്തില്ല പിന്നെ പറയുന്നുള്ള ഓരോ ഓരോ ശക്തി ഉണ്ടാവും അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോ അവനോട് ഏറ്റുമുട്ടാനൊരിക്കലും എൻ്റെ മകനെ അയക്കാനും സാധ്യമല്ല അതുകൊണ്ട് ആ പ്രശ്നം അങ്ങ് വിടുക മകനെ അയക്കുന്ന പ്രശ്നമേ ഇല്ല കരഞ്ഞു പറഞ്ഞു ഒമ്പതാമത്തെ സർഗത്തിലെന്താണ് ഇതങ്ങോട്ട് കേട്ടുകഴിഞ്ഞപ്പം വിശ്വാമിത്രത്തിൻ്റെ സ്വഭാവ് മാറി ഒമ്പതില് നാല് യതിത്വം നിക്ഷമോരാജൻ ഗമിഷ്യാമി യഥാഗതം ഹീനപ്രതിജ്ഞ കാകുസ്ത സുഖീഭവ സബാന്ധവ സാ നമ്മുടെ നാട്ടും പുറത്തകായി നാട്ടമ്പുറത്ത് ഞാൻ നാട്ടമ്പുറത്ത് ജനിച്ച ആളാണ് ഈ അടുത്ത വീട്ടുകാരെ നിങ്ങൾ വഴക്കൂട് പ്രത്യേകിച്ച് സ്ത്രീകൾ വഴക്കൂടുമ്പം ഈ വഴക്ക അവസാനിച്ച് പിരിയുന്ന സമയത്ത് അവർക്കൊരു ഡയലോഗുണ്ട് അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ മക്കളും നിന്റെ കുടുംബമൊക്കെ സുഖിച്ച് വാണു സുഖിച്ച് ജീവിക്കുന്നു പറയും എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം നശിച്ചു പോട്ടെ എന്നാണ് വരം പറയുന്ന എന്താണ് നിങ്ങളൊക്കെ അങ്ങോട്ട് സുഖിച്ചു എന്ന് രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞിട്ട പിന്മാർ അതുപോലെ ഒരു ഡയലോഗ് വിശ്വാമിത്രം പറയാണ് ഹീനപ്രതിജ്ഞ വാക്ക് തെറ്റിച്ച കാക്കു കാക്കുത്ത അല്ലയോ ദശരഥ സുഖീഭവസ ബാന്ധവ നീ നിന്റെ എല്ലാവരും കൂടെ ചേർന്നെന്താണ് ഇവിടെ അയോധ്യയിൽ സുഖമായി വാഴുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം എന്താണ് മുടിഞ്ഞു പോട്ടെ എന്നാണ് ഇതാണ് ഒരു ശാപം അത് ഇനി അടുത്ത് മെയിൻ ശാപം വരും ഇത് സബ്ബാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഈ മഹർഷിമാർക്കൊക്കെ കോപിക്കാനും ശപിക്കാനും അധികം സമയമൊന്നും വേണ്ട അതവിടെ യാഗത്തിൽ ഇവിടെ ഇപ്പൊ ഇവിടെ യാഗത്തിലാണ് പ്രതിജ്ഞ എടുത്തത് എന്തുകൊണ്ട് അവരെ ഭസമമാക്കിയില്ല അതിനാണ് മറുപടി അത് ഞാൻ യാഗത്തിൻ്റെ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അവരെ ഭസ്മമാക്കില്ല ഇപ്പൊ രാമനെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണോ ശപിച്ചേ പറ്റും അതുകൊണ്ടാണ് നീ ഭസ്മമാകട്ടെ എന്ന് പറയുന്നവരവരോ ഒന്ന് പറഞ്ഞു നീ സുഖിയായിരിക്കട്ടെ എന്നുള്ള വിപരീതാർത്ഥത്തിൽ പ്രയോഗിച്ചു എന്നുവെച്ചാൽ ശപിക്കാൻ അങ്ങോട്ട് തുടങ്ങുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് സബ്ബാണെന്ന് മെയിനല്ല എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അടുത്തു പറയുന്നത് എന്താണോ തസ്മിൻ കോപപരീതേത കോപിച്ചില്ല എന്നല്ല ഇവിടെ പറയും ഇവിടെ എന്തായാലും കോപിച്ചു കോപം നിറഞ്ഞവനായി വിശ്വാമിത്രയെ മഹാത്മന് വിശ്വാമിത്രന് കോപം വന്നു വിശ്വാമിത്രൻ അങ്ങനെ കോപത്തെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല അതിമഹർഷിമാർക്കൊന്നുമില്ല അതൊക്കെ നമ്മുടെ പോലെയുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത് കോപമൊക്കെ നിയന്ത്രിച്ച് ജീവിക്കേണ്ടത് ഷിമാരെ കൊണ്ടൊന്നൊന്ന് സാധിക്കുന്ന കാര്യം വ്രതമൊക്കെ എടുത്തിട്ടുള്ളതൊക്കെ ശരിയെന്നാൽ തൽക്കാലം എന്ത് ചെയ്തു കോപപരീതനായി ചാല വസുത കൃഷ്ണ ആ കോപം എങ്ങനെയാണോ കോപം വന്നു കഴിഞ്ഞപ്പോ ഭൂമി മുഴുവൻ ഇളകിയെന്ന് ഭൂകമ്പം ഉണ്ടായിരുന്ന മാത്രമല്ല സുരാംശ ഭയമാംശ ദേവന്മാരുകൂടി ഭയപ്പെട്ടുപോയി ക്രോധ അഭിഭൂതം വിജ്ഞായ ആറാമത്തെ ജഗത് മിത്രം മഹാമിനി വിശ്വാമിത്രനല്ലേ വിശ്വത്തിന്റെ മിത്രനാണ് ജഗന്മിത്രനാണ് പക്ഷെ കോപിച്ചപ്പോ എന്ത് ചെയ്തു ജഗത്ത് തന്നെ വരച്ചു എന്നാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ വസിഷ്ഠന് കാര്യം മനസ്സിലായി ഇത് കൈവിട്ടു പോവുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ബുദ്ധിമാനായ വസിഷ്ഠൻ പതുക്കെ ദശരഥനോട് പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം രാമൻ വളരെ യോഗ്യനാണ് ഇവിടെയാണ് പറയുന്നത് പതിനാല് ഒമ്പതിൽ പതിനാല് ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീര്യവതാംബരേഷ ബുദ്ധിയ അധികോ ലോകെ തപസാമിച്ച പരാണം രാമായണത്തിൽ നിരന്തരം പറയുന്നതാണ് ഏഷ വിഗ്രഹവാൻ ധർമ്മ രാമൻ എന്താണ് ധർമ്മത്തിന്റെ മൂർത്തിയാണ് മൂർത്തിമത്തായതോ അവിടെ രാമായണത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് രാമായണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ധർമ്മം നിങ്ങൾക്ക് രാമായണ ഭക്തരല്ലേ ഇതുവരെ മനസ്സിലാക്കിയില്ല എഴുത്തച്ഛന്റെ രാമായണ വാൽമീകിയുടെ രാമായണത്തിൽ ധർമ്മം എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ജാതിധർമ്മം ജാതി ധർമ്മത്തെയാണ് അവിടെ ധർമ്മം എന്ന് പറയുന്നത് അത് പരിപാലിക്കുക രാഹൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും രാമായണ കർത്താവും നിരന്തരം പറയും ധർമ്മം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂദ്രൻ എന്നീ ജാതികളിൽപ്പെട്ട മനുഷ്യർ ആചരിക്കേണ്ട കർമ്മങ്ങൾ അവരിലുള്ള ആകൽച്ചയും അടുപ്പവും എല്ലാ കാര്യങ്ങളും അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇന്ന് ധർമ്മം എന്ന് പറയുന്ന അർത്ഥത്തിലല്ല രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന ആൾക്കാർക്ക് ധർമ്മം എന്ന് പറഞ്ഞാൽ പല നല്ല കാര്യങ്ങളുമാണ് മനസ്സിൽ കാണുന്നത് ഇന്നത്തെ നല്ല കാര്യങ്ങളല്ല അന്നത്തെ ധർമ്മം എന്ന് പറയും മനുഷ്യനെ എന്താണോ ശ്രേണീകൃതമായി വിഭജിക്കുന്ന ധർമ്മത്തെക്കുറിച്ചാണ് രാമായണത്തിൽ പറയുന്ന മുഴുവൻ രാമായണം വായിച്ചു നല്ല വ്യാഖ്യാനം വായിക്കും അപ്പോ രാമൻ ആ ധർമ്മം നടപ്പിലാക്കാനാണ് ഞാൻ വന്നത് രാമൻ ആവർത്തിച്ച് ആവർത്തിച്ചവിടെ പറയുന്നത് വീര്യപതാംബരഹ വീര്യ ഉള്ളവരിലെല്ലാം ഈ രാമന്റെ വീര്യമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ധർമ്മത്തെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ചാതുണി വ്യവസ്ഥിതിയെ നിലനിർത്താനും പരിപാലിക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് രാമായ ഞാൻ പറയുന്നതല്ലേ രാമായണം വ്യക്തമായി പറയുന്നതാണ് ഏഷ ബുദ്ധിയോ അധികമോ ലോക ബുദ്ധി ഏറ്റവും ഉയർന്നവനാണ് തപസാംജപരായണം എല്ലാ തപസ്സുകളും ആശ്രയിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് രാമനവിടാം രാമൻ പോയി ശരിയാകും അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇപ്പം മഹർഷിയും കോപിക്കും പ്രശ്നമാവും രാമൻ അതിന് ശേഷി ഉണ്ട് എന്നാണ് രാമന വിടാമെന്ന് പറയുന്നു അപ്പോ എന്താണ് വസിഷ്ഠൻ പുരോഹിതനാണ് രാജാവിന് ഉപദേശിക്കേണ്ടതാണ് യഥാകാലം ഉപദേശിക്കണം ിച്ചു എന്താണ് ക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ പുരോഹിതൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പീലില്ല അതനുസരിക്കുകയല്ല അവർ വഴിയുന്നത് അതാണ് പഴയ അവസ്ഥ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല ദശരഥനും എന്ത് ചെയ്തു അടുത്ത പത്താം സ്വർഗത്തിൽ പറയുന്നത് ദശരഥനും സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ശരി അതങ്ങനെ സന്തോഷത്തോടുകൂടി തന്നെ സമ്മതിച്ചു എന്നാണ് കാരണം വശിഷ്ഠം പറഞ്ഞു പുരോഹിതന്റെ ഉപദേശമാണ് കേട്ടേ പറ്റും അതിന് ചോദ്യം ഞാൻ പറ്റത്തില്ല അപ്പോ ഉടനെ തന്നെ എന്ത് ചെയ്തു ഒരു പോലീസിനെ വിളിച്ച് അവിടെ കാവലിൽ നിൽക്കുന്നു പോലീസ് അങ്ങനെ മനസ്സിലാവും പോയി വിളിച്ചുകൊണ്ട് രാം പറഞ്ഞു രാമനെ അപ്പോ രാമനെ അന്വേഷിക്കാൻ പോയി പ്പോ അവിടെ പോലീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻസ്പെക്ടർ പറയുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് എന്താ അവിടെയാണ് രാമന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് അതെങ്ങനെ രാമന്റെ അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത് എട്ട് പത്തിലെട്ട് ദേഹയേഷ്ഠി മിമാം ദേവ ധാരയന്ദ ഇമേ വയം ഖിന്ന ഖേദേ പരിഗ്ലാന തനു രാഗേ സുതേ തവ ഞങ്ങളുടെ അവസ്ഥ തൻ്റെ അവസ്ഥയാണ് പറയുന്നത് എന്ന് വെച്ചാൽ രാമന്റെ അവസ്ഥ കണ്ടിച്ച് ഞങ്ങൾക്കുണ്ടായ രാമന്റെ അംഗരക്ഷകന്മാരും സേവകന്മാരും അവർക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ദേഹയേഷ്ഠിമിമാം ദേവ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് ഇപ്പം വെറും തടിയാണ് അതിനോടുള്ള പ്രീതി എല്ലാം പോയി നമ്മൾ സാധാരണ മലയാളത്തിൽ ശരീരത്തിന് തടി എന്ന് പറയാറുണ്ട് നല്ല തടിയുണ്ട് അതിനുള്ള യഷ്ടി എന്ന് പറയുന്നത് അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളോടുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു ദൈവ ധാരയന്ത ഇമയഭയം ഈ ശരീരം ധരിക്കുന്ന ഞങ്ങൾക്ക് എന്താണ് ഖിന്നാണ് ഖേദേ പരിഗ്ലാന തനോ രാഗേ സുധേ തവ ഞങ്ങൾ എന്താണ് ഖിന്നന്മാരായി ദുഃഖിതന്മാരായി എന്തുകൊണ്ട് രാഗേ സുധേ തവ പരിഗ്ലാന തനോ രാഗേ സുധേ ക്ഷീണിതനായ അങ്ങയുടെ പുത്രൻ രാമന് ഉള്ള ആ ഞങ്ങൾടെ സ്നേഹം കൊണ്ട് ഞങ്ങളും എന്ത് ചെയ്തു ക്ഷീണിതരായി രാമൻ ക്ഷീണിച്ച് ഞങ്ങളും ക്ഷീണിച്ചിരിക്കുന്നു രാമൻ വിഷാദാവസ്ഥയിലാണ് എന്നാണ് തുടർന്ന് പറയുന്ന എല്ലാം എന്താണ് രാമൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മുടങ്ങി വന്നതിന് ശേഷം മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് യോയം പത്തില് യത്ന പ്രാർത്ഥന യത്ന പ്രാർത്ഥനയാസ്മാകം നിജവ്യാപാരമാഹിനികം സ്വയും ആംലാനവദന കരോദിന കരോതിവാ എന്നാണ് പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എന്നാണ് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യത്നപ്രാർത്ഥനയ അസ്മാകം നിജവ്യാപാരമാകും താൻ ചെയ്യേണ്ടതായ ദൈനംദിന കാര്യങ്ങൾ ദിനകൃത്യം അതാണ് ആധുനികം ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ആധുനികം എന്ന് രാവിലെ എഴുന്നേൽക്കുക പല്ലുതയ്ക്കുക കുളിക്കുക ഭക്ഷണം കഴിക്കുക കാര്യങ്ങളെല്ലാം സ്വയം ആംലാന വന പൂർണ്ണമായും ്ലാന മനസ്സോടുകൂടിയവനായും ആംലാന വധനം എന്ന് വെച്ചാൽ പൂർണ്ണമായും എന്താണ് തളർന്ന മുഖത്തോടുകൂടിയതെന്ന് വെച്ചാൽ തളർന്ന മനസ്സോടുകൂടിയനായ ആരാമൻ കരോദിന കരോതിവ ചെയ്യുന്നില്ല മലയാളത്തിൽ പറയും വേണ്ടണം വേണം വേണ്ട എന്നുള്ള രീതിയിലാണ് രാമന്റെ പോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേന്ന് ചോദിച്ചാൽ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നു ആണ് വീണ്ടും പറയുന്നത് സ്നാന ദേവാർച്ചാദാന ഭോജനാദിഷുദുർമ്മനാഹ പ്രാർത്ഥിതോഭി നാതൃപ്തേർ അശനാദി അശനമീശ്വര നാതൃപ്തേ സ്നാനം ർച്ചനം ദാനം ഭോജനം തുടങ്ങിയ ആഹ്നിക കർമ്മങ്ങൾ ദുർമനാഹ മനസ്സ് കെട്ടവനായി പ്രാർത്ഥിതോപി ഞങ്ങളെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ആ തൃപ്തി തൃപ്തിയില്ലാത്തതുകൊണ്ട് അശനാദി അശനം ഈശ്വര ഭക്ഷണവും കഴിക്കുന്നില്ല ഈ പ്രവൃത്തികൾ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം പിന്നെ പറയുന്നു നമുക്ക് കളിച്ചു കളഞ്ഞ ആളാണ് കളിക്കുന്നില്ല തുടർന്ന് വർണ്ണിക്കുന്ന മുഴുവൻ രാമൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പത്തൊമ്പതി പറയേണ്ടത് ന ഉദേതി പരിഹാസേഷു നാ ഭൂകേഷു നിമഞ്ചതി ന ചതിഷ്ടതി കാര്യേഷു മൗനമേവ അവനമ്പതേ നോദേതി പരിഹാസേഷു കൂട്ടുകാരെല്ലാം ചെന്ന് എന്തെങ്കിലും കണി തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നവദേവി യാതൊരു പ്രതികരണമില്ല ചിരിക്കുന്നില്ല ഭോഗേഷു നിമഞ്ചതിയിൽ അവിടെ ദൈനംദനമായി അനുഭവിക്കേണ്ട വിഷയങ്ങളുണ്ട് ഉല്ലാസങ്ങളുണ്ട് അതിനൊന്നും മുഴുകുന്നില്ല എന്നാണ് എന്ന തിഷ്ടതി കാര്യേഷും ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുന്നില്ല മൗനം ഏവ അവലംബതേ കേവലം മൗനം മൗനത്തെ ആശ്രയിച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറെ അങ്ങോട്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നു ഏകയേവ വസന്ദേശേ ജനശൂന്യേ ജനീശ്വര നസത്തി ഏകയാബുദ്ധ്യ നായുധിനോധി ഏകയേവ വസന്ദേശ ഏകാവിയായി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും ജനശൂന്യയിൽ ആരുമില്ലാത്തടത് പോയിരിക്കും സതി ചിരിക്കുന്നില്ല ഏകയാ ബുദ്ധിയ ഏകബുദ്ധി എന്ന് വെച്ചാൽ ഏകാന്ത ബുദ്ധി മനസ്സെവിടെയാണ് എന്ന ഗായത്തിന്റെ രോതിരി കരയുന്നുണ്ടോ അതുമില്ല ചിരിക്കുന്നുണ്ടോ അതുമില്ല സന്തോഷിക്കുന്നുമില്ല ദുഃഖിക്കുന്നുമില്ല എന്നുവെച്ചാൽ പ്രകടമായി ഇതൊന്നും ചെയ്യുന്നില്ല പ്രകടമായി ഒന്നും കാണുന്നു വിഷാദ അവസ്ഥ അപ്പൊ ഇവിടെ ഇങ്ങനെ പലരും ഇങ്ങനെ ഈ ക്ലാസ്സിൽ തന്നെ വിഷമനായിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളൂ ഇവരെല്ലാം രാമന്റെ അവസ്ഥയിലായി ചിരിക്കാൻ പറ്റുന്നില്ല കരയാൻ പറ്റുന്നില്ല വികാരങ്ങളൊന്നും പ്രകടമാകുന്നില്ല ഏതോ ഒരു ലോകത്ത് ഇതാണ് ശരിക്കും രാമന്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ചിരിക്കണം അങ്ങനെ ഇരിക്കുന്നവരെ കരയെങ്കിലും ചെയ്യണം ചിരിക്കും കരയും ചെയ്യുന്നില്ലെന്നാണ് ഇരുപത്തിനാലിൽ പറയുന്നു ബദ്ധപത്മാസനം ശൂന്യമനാ ഭാമകരസ്ഥലേ കപോലതം ആധായ കേവലം പരിഷ് പുററ്റപ്പണിയേ ഉള്ളൂ എന്താണോ ബദ്ധപത്മാസന ചടഞ്ഞുകൂടി ശൂന്യമനാഹ മനസ്സിലൊന്നുമില്ല വാമകരസ്ഥലെ തപോലതനമാതായ താടിക്ക് കൈ കൊടുത്തത് കേവലം പരിധിഷ്ഠ ഇരുപ്പാണ് അങ്ങനെ നിരന്തരം ഇതിനെ അങ്ങോട്ട് ഇവിടെ ഏത് കാര്യം പറഞ്ഞാലും ശരി അതിനൊരുപാട് വിസ്തരിച്ച് വിസ്തരിച്ച് പറയും നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ ഇതാണ് രാമന്റെ അവസ്ഥയെന്ന് ഇങ്ങനെയായിരിക്കും ഓ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പതിനൊന്നിൻ വിശ്വാമിത്രൻ പറഞ്ഞു ഇതാണോ സംഗതി അങ്ങനെയാണെങ്കിൽ വിശ്വാമിത്ര അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക രാമനെ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നാണ് എന്തിന് രാമന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം നാല് പറയുന്നു ഏതസ്മിൻ മാർജിതേ യുക്തി മോഹേ സരകുനന്ദന വിശ്രാന്തി ഏഷ്യതി പതേ തസ്മിൻ ഭയമ ഉത്തമേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം എന്താ വേണ്ടത് കൗൺസിലിംഗ് നല്ല കൗൺസിലിംഗ് കൊടുക്കണമെന്നാണ് പറയുന്നത് ആ ഒരു വിശ്വമായിരുന്നു ഏകസ്വൻ മാറിഞ്ഞതേ യുക്തിയാ യുക്തി കൊണ്ട് മോഹേ മാറിഞ്ഞതേ ഈ അവസ്ഥയെ യുക്തി കൊണ്ട് പരിഹരിക്കുക യുക്തിയാണ് എന്ന് പറയും കാര്യകരുടെ സഹിതമായി ഇതിങ്ങനെയല്ല ഇരിക്കാനുള്ളത് എന്തുകൊണ്ടിങ്ങനെയായി ഇത് മനസ്സിലാക്കി അതിനെ ബോധിപ്പിക്കുക യുക്തി ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം യുക്തിയാ ഇതിൽ അവസാനം വരെ യുക്തി എന്ന് പറയുന്ന കാര്യം ആ യുക്തി എന്ന് പറയുമ്പോൾ അത് അദ്വൈതത്തിൻ്റെ വ്യക്തികളാണ് അത് മനസ്സിലാക്കണം എന്തായാലും അത് യുക്തിയാണ് എല്ലാത്തിനും അതിൻ്റെതായ യുക്തികളുണ്ട് ഇവിടെ അദ്വൈത യുക്തികളാണ് പ്രയോജനം അപ്പോൾ യുക്തിക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നും ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഇവിടെ മാജിക് മന്ത്രവാദം സഹസ്രനാമം പൂജ ഒരു പരിപാടി ഇവിടെ ഇല്ല ഇവിടെ ആദ്യം പോലെ അവസാനം വരെ പ്രയോഗിക്കുന്ന എന്താണോ യുക്തി കൗൺസിലിംഗാണ് അതായത് ചിരിക്കാതിരിക്കുന്ന ആൾ അവസാനം ചിരിക്കും ഇപ്പൊ യുക്തി യുക്തി കൊണ്ട് വിശ്രാന്തിമേശ്വരി പതേ പക്ഷേ ഇതിന് ഈ പ്രശ്നങ്ങൾക്കുള്ള എന്താണോ പരിഹാരം എന്ന് പറയുന്നത് ചിത്തവിശ്രാന്തിയാണ് ആ ചിത്തവിശ്രാന്തി എന്ന് പറയുന്നത് എന്താണ് പരമപഥത്തിലുള്ള ചിത്തവിശ്രാന്തി തസ്മിൻ വയം ഇവ ഉത്തമേ പറയുന്നു ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഞങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വാഹിത്രം പറയുന്നു ഞാനും വധിഷ്ഠനും പോലെയുള്ള ആൾക്കാരല്ല ഉത്തമമായ തസ്മിൻ പദ ഉത്തമമായ ഒരു പദത്തിൽ വിശ്രമിക്കുന്നവരാണ് വിഷാദത്തിലല്ല എന്ന് വെച്ചാൽ ആത്മതത്വത്തിൽ വിശ്രമിക്കുന്നവരാണ് അപ്പോ ആ ആത്മതത്വത്തിൽ എങ്ങനെ വിശ്രമിക്കുക രാമൻ ഈ ഇങ്ങനെ ഒരവസ്ഥയിലിരിക്കുന്ന ആളെന്ന് യുക്തി കൊണ്ട് കാര്യങ്ങൾ യുക്തിയുക്തമായി ബോധിപ്പിക്കുക അങ്ങനെ ഇവിടെ തുടർന്ന് രാമൻ തന്റെ ആന്തരികമായ അവസ്ഥകളെക്കുറിച്ച് സുദീർഘമായി ഇതുപോലൊരു പ്രഭാഷണം നടത്തി വിരക്തി രാമന് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് വിരക്തിയാണ് ലൗകിക വിരക്തി ഇഹലോകത്തിലുള്ള വിരക്തി എല്ലാ അതാണ് സംഭവിച്ചത് അപ്പോ പരവൈരാഗ്യം യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്നു അത്തരത്തിലുള്ള ഒരു വൈരാഗ്യം ഇങ്ങനെ വൈരാഗ്യം ഒരാൾക്ക് എങ്ങനെ സംഭവിക്കുന്നു അതിവിടെ രാമൻ തന്നെ പറയും അത് വിവേകം കൊണ്ട് സംഭവിച്ചാണ് രാമൻ തന്നെ ചിന്തിച്ച് രാമൻ തന്നെ ചിന്തകളെ പ്രകടമാക്കുകയാണ് അതാണ് സാർ നമ്മൾ പറയാറില്ല എന്താണ് വിവേക വൈരാഗ്യം വൈരാഗ്യം വിവേകം കൂടാതെ ഉണ്ടാകത്തില്ല ചിന്ത കൂടാതെ ഉണ്ടാകത്തില്ല പക്ഷേ അത് വൈരാഗ്യം വൈരാഗ്യത്തിൽ അവസാനിക്കാൻ പാടില്ല അതാണ് വാസിഷ്ഠത്തിൻ്റെ സന്ദേശം അതാണ് വൈരാഗ്യം വേണം രാമൻ അത് കൈവന്നു രാമന്റെ ചിന്തകൾ കൊണ്ട് തന്നെ രാമനെ ഒരു പറയുന്നു ഇയാളൊന്നും ചിന്തിക്കാതിരിക്കുകയാണ് മൂലയ്ക്ക് പോയിരിക്കുകയാണ് അല്ല രാമൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിന്ത എന്താണെന്ന് രാമൻ തന്നെ പറയും എന്തുകൊണ്ട് ഞാനിങ്ങനെയായി ഭാഷകാരം പറയില്ലേ വിഹാമുത്ര ഫലഭോഗ വിരാഗ എന്ന് പറയുന്നത് ആ ഫലഭോഗ വിരാഗമാണിപ്പോ രാമനിൽ വന്നിരിക്കുന്നത് അതാണ് യോഗ്യത അങ്ങനെ ഒരു വികാരം വന്നു കഴിഞ്ഞ് പിന്നെ ആ വികാരം വന്ന ഒരു വ്യക്തിയെ മുമ്പോട്ടെങ്ങനെ നയിക്കണം എന്നുള്ള അത് വാസിഷ്ഠൻ രണ്ടു വഴിയാണ് കാണിക്കുന്നത് ഈ വിരാഗം വിരക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് പൊതുവെ പറയുന്നത് ഒരു നിഷേധാത്മകമായൊരു കാഴ്ചപ്പാടാണ് ജീവിത നിരാസമാണ് ജീവിത നിഷേധമാണ് എന്നൊക്കെ പറയും അവിടെ വാസിഷ്ഠി അത് അങ്ങനെ അല്ല പറയും ലോകത്തോട് മുഴുവൻ ഒരാളെ വിരക്തനായിരിക്കുമ്പോ സാധാരണ എന്താണോ ഈ ആധ്യാത്മികമായ കാഴ്ചപ്പാടില്ലാത്ത ആൾക്കാർ പറയുന്നത് പോലെയുള്ള ഒരു ജീവിതം നിഷേധമായിട്ടല്ല വിള പറയും മറിച്ച് എന്താണ് ആ വിരക്തി എന്ന് പറയുന്നത് ജീവിത അന്ത്യം വരെ നിലനിൽക്കേണ്ട ഒന്നും അത് എന്നും വേണം അപ്പോ അതങ്ങനെ നിലനിന്നാൽ പിന്നെ രാമൻ എങ്ങനെ രാമനാണ് കാരണം രാമൻ എങ്ങനെ വിരക്തനായി സന്യസിച്ച ആളല്ലല്ലോ അപ്പൊ പിന്നെ രാമന് വിരക്തി കൊണ്ട് എന്താകണം അതെങ്ങനെയാണ് രാമനെ വിരക്തി സഹായിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി തുടർന്നു പോരാ പറയുന്നത് എന്തായാലും വിരക്തി കൂടിയ രീതി അതാണ് തുടക്കം മുമ്പോട്ട് ഏത് വഴിക്ക് സഞ്ചരിച്ചാലും ശരി അടിസ്ഥാനപരമായി എന്ത് വേണം മനുഷ്യന് വിവേകം കൊണ്ടുള്ള വിരക്തി അത് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കുന്നു ആർക്ക് ആധ്യാത്മികമായി ചിന്തിക്കുന്ന ആർക്കും ആരായാലും എന്നാൽ അയാൾക്ക് ശരിയായ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും അത് ജീവിതത്തെ നിഷേധിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ലതാണ് അതാണ് വാസിഷ്ടത്തിൻ്റെ പ്രത്യേകത ജീവിതത്തെ അവ നിഷേധിക്കുന്നുണ്ട് എന്നാൽ വിരക്തനുമാണ് രണ്ടും കൂടെ എങ്ങനെ യോജിപ്പിക്കും അതാണ് ഇനി പറയാൻ പോകുന്നത്